ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ അതിനു തുല്യമായ ശിക്ഷയല്ലാതെ അവനെ ലഭിക്കുകയില്ല എന്നാൽ പുരുഷനായാലും സ്ത്രീയായാലും വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും അവിടെ അവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകപ്പെടും